നിങ്ങളുടെ മതത്തെ പിന്തുടരുന്നവരെയല്ലാതെ നിങ്ങൾ വിശ്വസിക്കരുത് എന്നും അവർ പറഞ്ഞു പറയുക തീർച്ചയായും സന്മാർഗം അള്ളാഹുസുബഹാനുഹൂവ ത്യാലായുടെ സന്മാർഗമാകുന്നു നിങ്ങൾക്ക് ലഭിച്ചതുപോലെ മറ്റൊരാൾക്ക് ലഭിക്കണമെന്നോ നിങ്ങളുടെ രക്ഷിതാവിൻറെ അടുക്കൽ അവർ നിങ്ങളോട് തർക്കിക്കണമെന്നോ ആഗ്രഹിക്കുന്നത് ശരിയല്ല പറയുക തീർച്ചയായും ഔദാര്യം അള്ളാഹുസുബഹാനുഹുവ ത്തായാലായുടെ കൈകളിലാണ് അവനുദ്ദേശിക്കുന്നവർക്ക് അത് നൽകുന്നു അള്ളാഹുസുബഹാനുഹൂവ റ്റയാല വിശാലനുമെല്ലാം അറിയുന്നവരുമാണ്